അള്ളാഹുസുബഹാനഹുവ ചായാലയോടുള്ള ഭക്തിയിലും അവൻറെ തൃപ്തിയിലും തൻറെ കെട്ടിടം സ്ഥാപിച്ചവനാണോ അതോ തകർന്നു വീഴാറായ ഒരു മലഞ്ചെരിവിന്റെ അരികിൽ തൻറെ കെട്ടിടം സ്ഥാപിക്കുകയും അത് തകർന്ന് ജഹന്നം നരകത്തിലേക്ക് വീഴുകയും ചെയ്തവനാണോ കൂടുതൽ ഉത്തമൻ അക്രമികളായ ജനങ്ങളെ അള്ളാഹുസുബഹാനഹുവചായ നേർവഴിയിലാക്കുകയില്ല